നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അവർ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കവരെ തടയാനോ സഹായിക്കാനോ സാധിക്കുകയില്ല നിങ്ങളിൽ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അവന് കഠിനമായ ശിക്ഷ നാം നൽകുന്നതാണ്